ചത്തമൃഗങ്ങളും രക്തവും പന്നിമാംസവും അള്ളാഹു സുബാനഹുവചായ അല്ലാത്തവർക്കായി അറുക്കപ്പെട്ടതും ശ്വാസം മുട്ടി ചത്തതും അടിച്ചു ചത്തതും ഉയരത്തിൽ നിന്ന് വീണു ചത്തതും കൊമ്പുകൊണ്ട് കുത്തേറ്റു ചത്തതും വന്യമൃഗങ്ങൾ ഭക്ഷിച്ചതും നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ അറുത്തതൊഴികെ പ്രതിഷ്ഠകൾക്ക് മുന്നിൽ അറുക്കപ്പെട്ടതും അമ്പുകളുപയോഗിച്ച് ഭാഗ്യം നോക്കുന്നതും നിഷിദ്ധമാണ് അത് അധർമ്മമാണ് ഇന്ന് സത്യനിഷേധികൾ നിങ്ങളുടെ മതത്തെക്കുറിച്ച് നിരാശരായിരിക്കുന്നു അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടതില്ല ഇന്നെ ഭയപ്പെടുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മദം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തരികയും ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തു എന്നാൽ കഠിനമായ പട്ടിണി കാരണം നിർബന്ധിതനായ ആരെങ്കിലും പാപത്തിലേക്ക് ചായുന്നില്ലെങ്കിൽ തീർച്ചയായും അള്ളാഹുസുബാനഹുവ തയാല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്